ം ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹ്രോന്റെ മകൻ എലയാസാരിനോടും ഇസ്രയേൽ മക്കളുടെ സർവസഭയെയും ഇരുപതു വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുകയെടുപ്പീൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും പുരോഹിതനായ എലയാസാരും എരിഹോവിന്റെ സമീപത്ത് യോർഡാനരികെയുള്ള മോവാ സമഭൂമിയിൽ വച്ച് അവരോട് യഹോവ മോശയോടും മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ ഇരുപതു വയസ്സുമുതൽ മേലോട്ടുള്ളവരുടെ തുകയെടുപ്പീൻ എന്നു പറഞ്ഞു ഇസ്രയേലിന്റെ ആദ്യ ജാത രൂപന്റെ പുത്രന്മാർ ിൽ നിന്ന് ഹനോക്കിയ കുടുംബം പല്ലുവിൽ നിന്ന് പല്ലൂബിയ കുടുംബം ഹെസ്റോനിൽ നിന്ന് കർമ്മിയിൽ നിന്ന് കർമ്മ്യ കുടുംബം ഇവയാകുന്നു രൂപേന്യ കുടുംബങ്ങൾ അവരിൽ എണ്ണപ്പെട്ടവർ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ പല്ലുവിന്റെ എലിയാബിന്റെ പുത്രന്മാർ നെമുവേ യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിന്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹറോനും വിരോധമായി കലഹിച്ച സംഘ സദസ്യന്മാരായ ദാഭാനും അബിരാമും ഇവർ തന്നെ ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളകയും പി ഇരുനൂറ്റമ്പത് പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു അവർ ഒരു അടയാളമായി തീർന്നിരുന്നു എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല ഷിമയോന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ നെമുവേലിൽ നിന്ന് നെമുവേല്യ കുടുംബം യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം യാഖ്യനിൽ നിന്ന് സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം ൂലിൽ നിന്ന് ഷാവൂല്യ കുടുംബം ഷിമയോന്യ കുടുംബങ്ങളായ ഇവർ ഇരുപത്തിരായിരത്തി ഇരുനൂറ് പേർ ഗാദിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ സെഫോനിൽ നിന്ന് സെഫോന്യ കുടുംബം ഹഗ്ഗിയിൽ നിന്ന് ഹഗീയ കുടുംബം ശൂന്യയിൽ നിന്ന് ഒസ്നിയിൽ നിന്ന് കുടുംബം ഏരിയയിൽ നിന്ന് ഏരിയ കുടുംബം അരോദിൽ നിന്ന് അരോധ്യ കുടുംബിയിൽ നിന്ന് അരേലിയ കുടുംബ അവരിൽ എണ്ണപ്പെട്ടവരായി ഗാതുപുത്രന്മാരുടെ കുടുംബങ്ങളായ ഇവർ അഞ്ഞൂറ് പേർ യഹൂദയുടെ പുത്രന്മാർ ഏരും ഓനാനുമായിരുന്നു ഏരും ഓനാനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി യഹൂദയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ിൽ നിന്ന് കുടുംബം ഹാമൂലിൽ നിന്ന ഹാമൂല്യ കുടുംബം അവരിൽ എണ്ണപ്പെട്ടവരായ യഹൂദ കുടുംബങ്ങളായ ഇവർ പേർ ഇസാഖാരിന്റെ പുത്രമായി ആയിൽ നിന്ന് കുടുംബം ഷിംറോനിൽ നിന്ന് ഷിംറോന്യ കുടുംബം അവരിൽ എണ്ണപ്പെട്ടവരായി ഇസാഖാർ കുടുംബങ്ങളായ ഇവർ അറുപത്തിനാലായിരത്തി പേർ സെബൂലുന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ സേരതിൽ നിന്ന് സേരദ്യ കുടുംബം ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബ യഹ്ലേലിൽ നിന്ന് യഹ്ലേല്യ കുടുംബ അവരിൽ എണ്ണപ്പെട്ടവരായി സബുലുന്യ കുടുംബങ്ങളായ ഇവർ അറുപതിനായിരത്തി അഞ്ഞൂറ് പേർ യോസഫിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ മനശിയുമായും യഫ്രയുമായി മനഷയുടെ പുത്രന്മാർ മാഖീരിൽ നിന്ന് മാഖീര്യ കുടുംബം മാഖീർ ഗിലയാദിനെ ജനിപ്പിച്ചു ഗിലയാദിൽ നിന്ന് ഗിലയാദ്യ കുടുംബം ഗലയാദിന്റെ പുത്രന്മാർ ആരെന്നാൽ ഈയേസരിൽ നിന്ന് ഈയേസരിയ കുടുംബം ഹേലക്കിൽ നിന്ന് ഹേലക്യ കുടുംബം അസ്രിയേലിൽ നിന്ന് അസ്രിയേലിയ കുടുംബം ശേഖേമിൽ നിന്ന് കുടുംബം ഷമീദാവിൽ നിന്ന് ാവ്യ കുടുംബം ഹേഫറിൽ നിന്ന് ഹേഫരിയ കുടുംബം ഹേഫറിന്റെ മകനായ സെലോ ഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായില്ല സെലോഫഹാദിന്റെ പുത്രിമാർ മഹ്ള നോവ ഫൊഗ്ല മിൽക്ക തിർസ എന്നിവരായിരുന്നു അവരിൽ എണ്ണപ്പെട്ടവരായി മനശ്യ കുടുംബങ്ങളായ ഇവർ അമ്പത്തി പേർ യഫ്രൈമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ നിന്ന് ശൂധേലഹിയ കുടുംബം ബേഖരിൽ നിന്ന് കുടുംബം തഹനിൽ നിന്ന് തഹന്യ കുടുംബം ശൂധേലഹിന്റെ പുത്രന്മാർ ആരെന്നാൽ ഏരാനിൽ നിന്ന് ഏരാന്യ കുടുംബം അവരിൽ എണ്ണപ്പെട്ടവരായി എഫ്രേമിയ കുടുംബങ്ങളായ ഇവർ മുപ്പത്തിരായിരത്തി പേർ ഇവർ കുടുംബം കുടുംബമായി യോസെഫിന്റെ പുത്രന്മാർ ബെന്യാമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ബേലയിൽ നിന്ന് ബേലാവ്യ കുടുംബം അസ്ബേലിൽ നിന്ന് അസ്ബേലിയ കുടുംബം അഹീരാമിൽ നിന്ന് അഹിരാമ്യ കുടുംബം ഷെഫൂമിൽ നിന്ന് ഹൂഫാമിൽ നിന്ന് ബേലിയുടെ പുത്രന്മാർ അർദും നാമാനും ആയിരുന്നു അർദിൽ നിന്ന് അർദ്ദ കുടുംബം ിൽ നിന്ന് നാമാന്യ കുടുംബം ഇവർ കുടുംബം കുടുംബമായി ബെന്യാമിന്റെ പുത്രന്മാർ അവരിൽപ്പെട്ടവർ അറുനൂറ് പേർ ദാന്റെ കുടുംബം കുടുംബമായി ആരെന്നാൽ നിന്ന്ബം ഇവർ കുടുംബം കുടുംബമായി ധാന്യ കുടുംബങ്ങൾ ആകുന്നു ഷൂഹാമ്യ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവർ എല്ലൂടി അറുപത്തി നാലായിരത്തി നാനൂറ് പേർ ആശേഷിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഇമ്നയിൽ നിന്ന് ഇമ്നീയ കുടുംബം ഇശ്വയിൽ നിന്ന് ഇശീയ കുടുംബം ബെരിയാവിൽ നിന്ന് ബരിയാവ്യ കുടുംബം ബെരിയാവിന്റെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ആരെന്നാൽ ഹേബരിൽ നിന്ന് ഹേബരിയ കുടുംബം മൽക്കീയലിൽ നിന്ന് മൽക്കീയല്യ കുടുംബം ആശേരിന്റെ പുത്രിക്ക് സാറ എന്നുപേർ ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ അവരിൽ എണ്ണപ്പെട്ടവർ അമ്പത്തി മൂവായിരത്തി നപ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ നിന്ന് എഹ്സേലിയ കുടുംബം ഗൂനയിൽ നിന്ന് ഗൂഞ്ഞ കുടുംബം നിന്ന് യഹേല്യ കുടുംബം ിൽ നിന്ന് ഷില്ലേമ്യ കുടുംബം ഇവർ കുടുംബം കുടുംബമായി നഫ്താലി കുടുംബങ്ങൾ ആകുന്നു അവരിൽ എണ്ണപ്പെട്ടവർ പേർ ഇസ്രയേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ ആറ് പേർ പിന്നെ യഹോവ മോശയോട് അരുളി ആളെണ്ണത്തിന് ഒത്തവണ്ണം ദേശത്തെ അവകാശമായി വിഭാഗിച്ച് കൊടുക്കണം ആളേറെ ഉള്ളവർക്ക് അവകാശം ഏറെയും ആൾ കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം ഓരോരുത്തന് അവനവന്റെ ആളെണ്ണത്തിന് ഒത്തവണ്ണം അവകാശം കൊടുക്കണം ദേശത്തെ ചീട്ടിട്ട് വിഭാഗിക്കേണം അതത് പിതൃഗോത്രത്തിന്റെ പേരിനൊത്തവണ്ണം അവർക്കവകാശം ലഭിക്കണം ആൾ ഏറെയുള്ളവർക്കും കുറയുള്ളവർക്കും അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഘർഷോനിൽ നിന്ന് ഘർഷോന്യ കുടുംബം കെഹാത്തിൽ നിന്ന് കെഹാത്യ കുടുംബം മെരാരിയിൽ നിന്ന് മെരാദിയ കുടുംബം ലേവിയ കുടുംബങ്ങൾ ആവിധ ലിബ്നീയ കുടുംബം ഹെബ്രോന്യ കുടുംബം മഹിളീയ കുടുംബം മൂഷ്യ കുടുംബം കോരഹ്യ കുടുംബം അമ്രാമിനെ ജനിപ്പിച്ചു അംറാമിന്റെ ഭാര്യയ്ക്ക് യോഖെബേ എന്നുപേർ അവൾ മിശ്രയും ദേശത്തു വെച്ച് ലേവിക്ക് ജനിച്ച മകൾ അവൾ അംറാമിന് അഹരോനെയും മോശിയെയും അവരുടെ സഹോദരിയായ മിരിയാമിനെയും പ്രസവിച്ചു അഹരോന് നാദാ അബിഹു എലയാസ ഈഥാമ എന്നിവർ ജനിച്ചു എന്നാൽ നാദാവും അബിഹുവും യഹോവയുടെ സന്നിധിയിൽ അന്യാജ്ഞി കത്തിച്ച് മരിച്ചുപോയി ഒരു മാസം പ്രായം മുതൽ മേലോട്ട് അവരിൽ എണ്ണപ്പെട്ട ആണുങ്ങൾ ആകെ ഇരുപത്തിമൂവായിരം പേർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായികൊണ്ട് അവരെ ഇസ്രയേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല എരിഹോവിന്റെ സമീപത്ത് യോർഡാനികെ മോവാ സമഭൂമിയിൽ വെച്ച് ഇസ്രയേൽ മക്കളെ എണ്ണിയപ്പോൾ മോശിയും പുരോഹിതനായ എലയാസാരും എണ്ണിയവർ ഇവർ തന്നെ എന്നാൽ മോശിയും അഹരോൻ പുരോഹിതനും സിനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രയേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരു തെനുവിനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോകുമെന്ന് യഹോവ അവരെ കുറിച്ച് ചെയ്തിരുന്നു യഹൂന്നയുടെ മകൻ കാലേ ബോമ്പും മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരു ശേഷിച്ചില്ല